അധ്യായം നൂറ്റി പതിനൊന്ന് അൽ മസദ് മക്കയിൽ അവതരിച്ചത് മസദ് എന്നാൽ എന്നാണ് അർത്ഥം അഞ്ചാം സൂക്കത്തിൽ ഈത്തപ്പന നാരു കയറിനെ പറ്റി പരാമർശിച്ചതാണ് ഈ പേരിന് നിദാനം അബൂലഹബിന്റെ ഇരു കൈകളും നശിച്ചിരിക്കുന്നു അവൻ നാശമടയുകയും ചെയ്തിരിക്കുന്നു അവന്റെ ധനമോ അവൻ സമ്പാദിച്ചുവെച്ചതോ അവന് ഉപകാരപ്പെട്ടില്ല തീജ്വാലകളുള്ള നരകാഗ്നിയിൽ അവൻ പ്രവേശിക്കുന്നതാണ് വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യയും അവളുടെ കഴുത്തിൽ ഈന്തപ്പന നാരു കൊണ്ടുള്ള ഒരു കയറുണ്ടായിരിക്കും